അവർ ഉറങ്ങുകയാണെങ്കിലും നീ അവരെ ഉണർന്നിരിക്കുന്നവരായി കരുതും അവരെ നാം വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചും മറിച്ചും കിടത്തിക്കൊണ്ടിരിക്കും അവരുടെ ഗുഹയുടെ കവാടത്തിൽ മുൻകാലികൾ നീട്ടിക്കിടക്കുകയുമായിരുന്നു നീ അവരെ നോക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അവരിൽ നിന്ന് ഭയന്ന് ഓടിപ്പോകുമായിരുന്നു നീ അവരെ കണ്ട് ഭയത്താൽ നിറയുമായിരുന്നു